പറയുക ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് നിങ്ങളുടെ ദൈവം ഏകനായ ഒരു ദൈവമാണെന്ന് എനിക്ക് വഹി നൽകപ്പെടുന്നു അതിനാൽ തൻറെ രക്ഷിതാവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കട്ടെ തൻറെ രക്ഷിതാവിനുള്ള ആരാധനയിൽ ഒരാളെയും പങ്കുചേർക്കരുത്